Oh, no. ബ്രഹ്മവന് പ്രഥമുഭാഗം മന്ത്രം വന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ആവാക്കിയതിൻ്റെ ഭാഷ്യമാണ് അതിന്റെ സത്യം ജ്ഞാനം അനന്തം ഇവയുടെ പരസ്പര ബന്ധത്തെ ഊർജനം ചർച്ച ചെയ്തത് ഇനി പൊതുവായി പറയുന്നു സത്യാദീനം നിവൃത്തി മൃഗതൃഷ്ണാഭശുനാഗശേഖരോ ൃംഗധനുധര ശൂന്യാത്ര സത്യാദിവാക്യത്നരക്ഷണത് സത്യം ജ്ഞാനം അനന്തം ഈ മൂന്ന് പദങ്ങളും കുറിച്ചൂടെ പറഞ്ഞു മഷ്യകാലം പറഞ്ഞെന്താണ് സത്യം എന്തിനു പറഞ്ഞു അനർഥം നിവൃത്തിക്ക് വേണ്ടി അത് അനർഥമല്ല എന്ന് ബോധിപ്പിക്കാം ജ്ഞാനം എന്തിനു പറഞ്ഞു ജഡമല്ല അനന്തം അത് പരിച്ഛിന്നമല്ല എന്ന് ബോധിപ്പിക്കാം ഫലത്തിനെന്തായി സത്യാദീനാം അനർഥാദി ധർമ്മ നിവൃത്തി പരത്തും അനതാദി ധർമ്മങ്ങളുടെ നിവൃത്തി അഭാവത്തെ ബോധിപ്പിക്കുകയാണ് ഒന്നിന്റെ അഭാവത്തെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ പുസ്തക എന്താ അത് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ശൂന്യത പുസ്തകമില്ല അതുപോലെ സത്യം എന്ന് പറഞ്ഞാൽ അനുദമല്ല എന്നർത്ഥം പറയുകയാണെങ്കിൽ ശൂന്യതയെ മനസ്സിൽ കിടന്നു പോയി ഈ മൂന്ന് പദങ്ങളിൽ നിന്നും അഭാവമാണ് ഒരാൾ ബോധിക്കുന്നത് ഇത് മൂന്നും വിശേഷണങ്ങളാണ് എന്തിന്റെ സത്യം ജ്ഞാനും ആനന്ദം മൂന്ന് പദങ്ങളും ബ്രഹ്മത്തിന്റെ വിശേഷമാണ് ചിന്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചത് എന്താണ് ബ്രഹ്മം അത് ധരിക്കും മനസ്സിലാക്കുന്നു പക്ഷേ ഈ മൂന്ന് പദങ്ങളിൽ നിന്നും എന്താ മനസ്സിലായത് വെറും ശൂന്യത സത്യം എന്ന് പറഞ്ഞാൽ അന്നതമുണ്ട് ഇങ്ങനെ പിന്നെ ശേഷിക്കുന്നത് എന്താണ് ബ്രഹ്മം എന്താ ഈ ബ്രഹ്മം അത് അപ്രസിദ്ധത്വം അത് ആർക്കും അറിയാൻ പറ്റിയ ഒരു കാര്യമില്ല ആരും അറിഞ്ഞിട്ടുമില്ല എന്തുകൊണ്ട് വാക്കിനും മനസ്സിനും ഒന്നും പിടികിട്ടാത്താണെന്ന് പറയുന്നു സാധാരണ വിശേഷണ വിശേഷങ്ങൾ പ്രയോഗിക്കുമ്പോൾ വിശേഷം മുഖ്യമായിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് വിശേഷങ്ങൾ അവിടെ ഒന്ന് പ്രധാനമായിരിക്കുന്നത് ആ വിശേഷം പ്രസിദ്ധമായിരിക്കുമെന്ന് വെച്ചാൽ അറിയുന്നതായിരിക്കും ഉദാഹരണം മുമ്പ് ഭാഷിക്കാനം പറയും നീലം ചത ഉത്പലം ആ ഉത്പലം താമര പലതരത്തിലുള്ള താമരകളുണ്ട് അതിൽ ഒരു താമരയെ വേദിച്ച് കാണിക്കുകയാണ് അത് നീലമാണ് നീലനിറമുള്ളതാണ് മഹത്താണ് വലുതാണ് സുഗന്ധിയാണ് സുന്ദരമാണ് ഇങ്ങനെ പല വിശേഷണങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നയാളിന് ആദ്യം ഉത്ഫലം എന്താണെന്ന് ഒരു ധാരണയുണ്ട് മനസ്സിലായറിയാം താമര ഇന്നതാണ് പക്ഷെ ഈ താമരയെ വിശേഷിച്ച് അയാൾക്കറിയണം മറ്റ് താമരകളിൽ നിന്ന് വേർതിരിച്ചറിയണം അതിന് താമരയെ കുറിച്ച് ബോധമുള്ളവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ വിശേഷ്യം പ്രസിദ്ധമായാലേ വിശേഷണങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ അല്ലെങ്കിലോ ഇവിടെ വിശേഷണങ്ങളെല്ലാം എന്തിനും ബോധിപ്പിക്കുന്നു അഭാവത്ത് സത്യം എന്ന് പറഞ്ഞാൽ അസത്യം ഇങ്ങനെ ബോധിപ്പിക്കുന്നു വിശേഷ്യമോ ഉത്പല പോലെ പ്രസിദ്ധമല്ല ഉത്പലാധിപ് അപ്രസിദ്ധത്വം പ്രസിദ്ധമല്ല എന്ന് വെച്ചാൽ ആരും അറിയുന്ന ഒന്നല്ല ഇപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ എന്തായി ബ്രഹ്മം ആർക്കും അറിയില്ല എന്താണ് സത്യജ്ഞാനം ആനന്ദം ബോധിപ്പിക്കുന്ന അഭാവത്തെ സർവശൂന്യതയാണ് ഇത് ബോധിപ്പിക്കുന്നു സാമാന്യമായി ചിന്തിക്കുന്ന ഒരാൾ വ്യാഖ്യാനം അനുസരിച്ച് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന എന്താണ് ശുദ്ധശൂന്യത അങ്ങനെ ഒരു ശൂന്യതെന്ന് പറയാം അപ്പോ ഈ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന ഈ വാക്യത്തെ വിശദീകരിച്ച് വളരെ വ്യാഖ്യാനിച്ച് കുറവക്ഷ സമാധാനങ്ങളെല്ലാം പറഞ്ഞ് അത് ബ്രഹ്മത്തെ ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ശ്രോതാ വിഗ്രഹിച്ചെന്താണ് ശൂന്യത അങ്ങനെ അഭാവം എന്താ ഇതിന്റെ പ്രയോജനം ഫലത്തിൽ ഇതിനെങ്ങനെ പറയാം മൃഗതൃഷ്ണാം സ്നുഷ്പൃതശേഖരന്ധ്യസുയാതി ശശൃധനുധര ശങ്കരാചാര്യർ ഈ വാദപ്രവാദം എല്ലാം നടത്തി സഞ്ചരിക്കുമ്പോ ദിഗ്വിജയം അന്നിടത്ത് സഞ്ചരിക്കുമ്പോൾ വാദികളെല്ലാം പരാജയപ്പെടുത്തി ബുദ്ധിയൊണ്ട് പരാജയപ്പെടുത്തി പക്ഷെ പരാജയപ്പെട്ടവരെ അംഗീകരിച്ചില്ല മീമാംസകരും പറ്റും ശങ്കരാചാര്യങ്ങനെ ശിഷ്യന്മാരുമായി ഒരു സ്ഥലത്ത് ചെന്ന് ഓരോ പണ്ഡിത സദസ്സുകളിലും ചെന്ന് എതിരാളികളെയെല്ലാം നിഷ്പ്രഭരാക്കി വാദത്തിൽ പരാജയപ്പെടുത്തി ഇങ്ങനെ പോകുമ്പോൾ ശങ്കരാചാര്യരെ നോക്കിയിട്ട് മറ്റുള്ളവർ ദ്വൈതികളും മീമാംസകരെല്ലാം ആക്ഷേപിച്ച പാടിയ പാട്ടാണിതെന്നാണ് പറയുന്നത് എഴുതിയിരിക്കുന്നത് എന്താണിത് മൃഗതൃഷ്ണാംബസിനാഥ ശങ്കരാചാര്യർ അറിയാമല്ലോ കയ്യിൽ ദണ്ടും എല്ലാം ധരിച്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ നോക്കി പറയാണ് മൃഗതൃഷ്ണാംബസിശ്യനാഥി പോകുന്നയാള് രാവിലെ മൃഗതൃഷ്ണികയിൽ കുളിച്ചിട്ടാണ് യാത്ര മരുമരീചികളാണ് കുളി അത് കുളിച്ചിട്ട് പോകുന്നു ഖപുഷ്പകൃതശേഖര തലയിലൊരു പൂ ചൂടിയിട്ടുണ്ട് അതാണ് ആകാശവസങ്ങ് യേശ വന്ധ്യാസുതോയാതീത വന്ധ്യാപുത്രൻ ീ പോകുന്നത് കയ്യിൽ വടിയാണിരിക്കുന്നത് പക്ഷെ അതിനെ കളിയാക്കി പറയുന്ന എന്താണ് ശശശൃംഖനോദ്ധരഹ ഇയാളുടെ കൈയിലൊരു വില്ലുണ്ടാകുന്നതാണ് അത് മൊയൽ കൊമ്പാണ് അങ്ങനെയുള്ള അദ്വീതിയാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി എന്നാണ് ഒരു കഥ എന്തായാലും അതിനു തന്നെ ഇവിടെ ഭാഷകാരൻ ഉദ്ധരിച്ചിരിക്കുകയാണ് അതേ വാക്യം തന്നെ ഈ പറഞ്ഞുവന്ന കാര്യങ്ങൾ ഇതാണ് മനസ്സിലാക്കിയതായ എതിരാളികൾ ഞാൻ ഈ അദ്വൈതത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ എതിരാളികൾ മനസ്സിലാക്കി ഇത്രയാണെന്താണോ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കി മരുമരീചികയിൽ പൊളിച്ച് ആകാശപസമൂഹം ചൂടി ഒരു വന്ധ്യാഭക്രൻ കയ്യിലൊരു വില്ലുമായി എങ്ങനെയുള്ള വല്ല് മുയൽക്കൊമ്പ് വില്ലുമായി നടക്കുന്നു ഇതിവത് ശൂന്യാർത്ഥത എന്നാണ് ഈ പറഞ്ഞതിനെ മനസ്സിലാക്കിയത് ആര എതിരാളികൾ മനസ്സിലാക്കി പ്രാപ്ത ഇതുവരെ പറഞ്ഞതിനെല്ലാം ഫലം സാധാരണഗതിയിൽ അദ്വൈതം കേൾക്കുന്നവർക്കല്ല ഇത് തന്നെ ഫലം കേട്ടുകൊണ്ടേയിരിക്കുന്നു അവസാനം എന്താ കേട്ടത് ഇത് തന്നെ ഒരു ശൂന്യത ശൂന്യാർത്ഥത ശൂന്യാർത്ഥം എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല മനസ്സ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലായിരുന്ന ശൂന്യം എന്തുകൊണ്ട് വാക്കും മനസ്സും ഒന്നും എത്താത്ത ഒരു കാര്യത്തെ പറയുന്നു എന്താണോ ധരിച്ചു വരി ധരിച്ചിരിക്കുന്നതെല്ലാം നിഷേധിക്കാൻ പറയും കേവല ശൂന്യത അല്ല എന്താണോ ആ ശൂന്യതയ്ക്ക് നല്ല ഉദാഹരണമാണിത് ഒരാളിങ്ങനെ ഒരാൾ സഞ്ചരിക്കുന്നു എന്ന് പറയും ഈ പറയുന്നതിന് എന്താ അർത്ഥമാണ് എന്ന് പറയുന്നു വന്ധ്യാസുതനാണ് എന്ന് പറയുമ്പോൾ അതാരാ കയ്യിലിരിക്കുന്നത് മുയൽ കൊമ്പാണ് ആരാ പുയന്റെ കൊമ്പ് കണ്ടിട്ടുള്ളത് തലയിൽ ആകാശപുഷ്പം ചൂടിയിരിക്കുന്നു ആകാശത്തിലാരും പുഷ്പം കണ്ടിട്ടില്ല മരുമരീചികയിലാണ് കുളിച്ചത് അവിടെ ആരും കുളിച്ചിട്ടില്ല അവിടെ ജനമില്ല ഇങ്ങനെ പറയുന്നത് പോലെ ശൂന്യാർത്ഥത ഈ പറഞ്ഞു വന്നതിന്റെ താൽപ്പര്യം ശൂന്യമായി പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഗ്രഹിക്കാനില്ല സത്യജ്ഞാനം അനന്ത ബ്രഹ്മ എന്ന് പറഞ്ഞ സത്യാധിവാക്യസ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന വാക്യത്തിന്റെ അത്തരത്തിലുള്ള ഒരു ഈ വ്യാഖ്യാനം അനുസരിച്ച് അല്ലെങ്കിൽ ദ്വൈതികളും മറ്റും വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് ആ ബ്രഹ്മം പരമാത്മാവ് സത്യം സത്യഗുണത്തോടുകൂടിയവനാണ് സർവജ്ഞത്വ ലക്ഷണത്തോടു കൂടിയവനാണ് അനന്തം സർവവ്യാപകമായ ധർമ്മത്തോടു കൂടിയവനാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത്തരം ധർമ്മങ്ങളോടുകൂടിയ ഒരു ഈശ്വരൻ അവിടെയുണ്ട് ഈശ്വരന് കൊടുക്കുന്ന പേരാണ് ബ്രഹ്മൻ അവിടെ സൂന്യത വരത്തില്ല പക്ഷെ ഭാഷധാരന്റെ വ്യാഖ്യാനം കേട്ടിട്ട് പൂർവക്ഷി പറയാണ് ആക്ഷേപിക്കുകയാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ നിന്ന് എന്താണോ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് അതിൽ കൂടുതലൊന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ചെയ്ത് എന്നാണെങ്കിലോ കുറവ് ചോദിക്കുന്നു കക്ഷിക്കാരൻ പറയുന്നു നളിയാക്കിയുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് കാര്യമില്ല ലക്ഷണാർത്ഥത്വ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇത് വിശേഷണമാണ് അതേസമയം ലക്ഷണവുമാണ് വിശേഷണമെന്നുള്ള നിലയ്ക്ക് ആ പദങ്ങളുടെ താല്പര്യം എന്താണ് എന്നുള്ള പറഞ്ഞു അതേസമയം മറ്റൊരു കാര്യവും ഞാൻ പറഞ്ഞു എന്താണത് ലക്ഷണവുമാണ് ആ ലക്ഷണമാണെന്നുള്ള ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാലേ ആ ശൂന്യതയ്ക്കപ്പുറം പോകാൻ പറ്റും വിശേഷണത്വേപി സത്യാധീനം ലക്ഷണാർത്ഥ പ്രാധാന്യം ഇത്യാബോചമാണ് അങ്ങനെയുണ്ട് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നതെങ്കിൽ പറഞ്ഞത് പലതും കേൾക്കുന്നവർ കേട്ടില്ലാന്ന് കടിക്കുന്നു എന്തുകൊണ്ട് നമുക്കത് ഇഷ്ടമുണ്ടോ പിന്നെ അതിൽ എന്തെങ്കിലും ദോഷം പറയാനുണ്ടെങ്കിൽ അത് മാത്രം കേൾക്കും അതിനെ ദോഷമായി ഉന്നയിക്കുകയും ചെയ്യും ബാക്കി നല്ല അത് പറഞ്ഞ കാര്യങ്ങൾ അത് സ്മരിക്കത്തില്ല അതാണ് ഇവിടെ സംഭവിച്ചത് ഓർപക്ഷിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ അതുമാത്രം മനസ്സിൽ വെച്ചു നിഷേധിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചില്ല വീട്ടുകൾ പറയുന്നത് രണ്ടു മെഡലും ഇതിനെ വിശേഷണപരമായി എങ്ങനെ എടുക്കണം ഇതിനെ രക്ഷണമായി എങ്ങനെ സ്വീകരിക്കണം ഇത് ചേരണം എന്ന് പറയുമ്പോൾ നേതി നേതി എന്ന് നിഷേധിക്കും ഒരു ഭാഗം വേറൊരു ഭാഗത്ത് സത്യജ്ഞാനന്തരം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും ഒരിടത്ത് നിഷേധിക്കും മറ്റൊരിടത്ത് ലക്ഷ്യമായി നിർദ്ദേശിക്കും ഇത് രണ്ടും കൂടി ചേർന്നു കഴിഞ്ഞാൽ ഇതിന്റെ താല്പര്യം ആയിരിക്കുന്ന അദ്വൈതം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഒന്നു മാത്രം പോരുന്ന വിശേഷണത്വ സത്യാതീന ലക്ഷണാർത്ഥ പ്രാധാന്യം ഇവിടെ പ്രാധാന്യം ആ ലക്ഷണാർത്ഥ ലക്ഷണാർത്ഥത്തിനാണ് രക്ഷണ എന്നുള്ള നിലയ്ക്ക് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള എന്താണ് ഒന്ന് വാച്യം മറ്റൊന്ന് ലക്ഷ്യം വാച്യാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇത് ശൂന്യതയാണ് ബോധിപ്പിക്കുന്നത് അഭാവമാണ് പക്ഷെ ആ ശൂന്യതയിലൂടെ അഭാവത്തിലൂടെ ഒരു ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കണം അത് ഗ്രഹിക്കണം അപ്പോ അത് ശൂന്യമല്ല അത് ശൂന്യത്തിനപ്പുറമാണ് ഭാവ അഭാവങ്ങൾക്കും അപ്പുറമാണ് നമുക്ക് രണ്ടു കാര്യങ്ങളെ പറ്റിയുള്ളൂ ഒന്ന് ഭാവം ഒന്നഭാവം ഒന്ന് നമ്മൾ പറയും ഒന്നുകിൽ ഉണ്ട് എന്ന് പറയും അല്ലെങ്കിൽ പറയും ഇല്ല എന്ന് പറയും ഉണ്ട് എന്നും ഇല്ല എന്നും പറയാനും അറിയാനുമേ നമുക്ക് കഴിയും ഉണ്ടില്ല ഇതിനപ്പുറം ഉള്ളതിന് നമുക്ക് മനസ്സിലായിട്ടില്ല അതാണ് ലക്ഷ്യം ശൂന്യ ലക്ഷ്യെ അനർത്ഥനം രക്ഷ ക്ഷ്യം ശൂന്യമാണെങ്കിൽ അഭാവമാണെങ്കിൽ അവിടെ ലക്ഷണം അനർഥകമാണ് അതുകൊണ്ട് പ്രയോജനമൊന്നുമുണ്ട് ശൂന്യാർത്ഥി അതുകൊണ്ട് പറയുന്നു ഞങ്ങൾ അദ്വൈതികൾ പറയുന്നത് എന്താണ് ലക്ഷണാർത്ഥത് സത്യജ്ഞാന അനന്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മലക്ഷണമായിട്ടാണ് ബ്രഹ്മത്തെ വാച്യമായിട്ടല്ല ലക്ഷ്യമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്നാ ശൂന്യാർത്ഥ തേതി മഞ്ഞയാമഹേ അതുകൊണ്ടിവിടെ ശൂന്യാർത്ഥത അല്ല ശൂന്യാർത്ഥതയ്ക്കും അപ്പുറമാണ് അതിനെ ഗ്രഹിക്കണം അവിടെ എത്തിച്ചേരണം അതിനുവേണ്ടി വിശേഷണങ്ങൾ എന്ന നിലയ്ക്കും ഇത് പ്രയോജനപ്പെടുന്നു അതിനപ്പുറം ലക്ഷാർത്ഥമായും ഇതിനെ ഗ്രഹിക്കാം അതെങ്ങനെ സംഭവിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ അസത്യമല്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനമല്ല അനന്താ അല്പമല്ല ഇങ്ങനെയല്ല പറഞ്ഞത് എല്ലായിടത്തും അല്ല അല്ല എന്ന് പറഞ്ഞ അഭാവത്തെ ബോധിപ്പിക്കുകയാണ് പിന്നെ ഈ പറയുന്ന ലക്ഷ്യാർത്ഥത്തിൽ എങ്ങനെ ഈ അഭാവത്തിൽ നിന്ന് എത്തിച്ചേരും വിശേഷണാർത്ഥത്വ സത്യാധീന സ്വാർത്ഥ അപരിത്യാഗ്യത്തെ ഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ വാച്യാർത്ഥത്തെ ഗ്രഹിക്കരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും വീണ്ടും ആശയക്കുഴപ്പം വരും ലക്ഷ്യത്തിലെത്തിച്ചേരണമെങ്കിൽ വാച്യത്തിലൂടെ കടന്നു പോയേ പറ്റും വാച്യാർത്ഥത്തെ ആദ്യം ഗ്രഹിക്കണം വാച്യാർത്ഥത്തെ അത് ഗ്രഹിക്കുക പക്ഷെ അത് പര്യാപ്തമുണ്ട് അതുകൊണ്ട് ആ വാച്യാർത്ഥത്തെ വിട്ടിട്ട് ലക്ഷ്യത്തിലേക്ക് പോകും ആ പദത്തിന് വാശ്യാർത്ഥമുണ്ട് ആ വാച്യാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശക്തി ആ പദത്തിനുണ്ട് പദവും അർത്ഥവും തമ്മിലൊരു ബന്ധമുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന തത്വം ആ പദ പദാർത്ഥ ബന്ധത്തിൽ ഒതുങ്ങുന്നതല്ല എങ്കിലും ആ തത്വത്തെക്കുറിച്ചുള്ള മനനത്തിന് പദാർത്ഥം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സത്യമെന്ന് തന്നെ ഗ്രഹിക്കണം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് തന്നെ ഗ്രഹിക്കണം അനന്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനന്തം എന്ന് തന്നെ ഗ്രഹിക്കണം എന്തുകൊണ്ട് ഈ ശബ്ദങ്ങളും ഇതിന്റെ അർത്ഥങ്ങളും നമുക്ക് പരിചയമുള്ളതാണ് നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ തുടങ്ങുന്നത് പരിചയമുള്ള വഴിയിലൂടെയായിരിക്കും പരിമയുള്ള വഴിയിലൂടെ പോയി പോയി അവസാനം പരിചയമില്ലാത്ത സ്ഥലത്ത് എത്തിച്ചേരുന്നു അതുപോലെ സത്യം എന്താണെന്ന് നമുക്കറിയാം കാരണം സത് അതിന്റെ അനുഭവം നമുക്കുണ്ട് സത്തയുടെ സർവസാമാന്യമായിരിക്കുന്ന സത്തയുടെ അനുഭവം നമുക്ക് സർവത്രയുണ്ട് അതിനെ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ആ സത്യെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മനം ആ സത്തയിലാണ് നമ്മൾ ഏകത്വവും വ്യാപകത്വം എല്ലാം അനുഭവപ്പെടുന്നു ബ്രഹ്മം ഏകമാണ് വ്യാപകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെയും നമുക്ക് പരിചയമില്ല പരിചയമില്ലാതിരിക്കെ ബ്രഹ്മത്തിന്റെ ഏകത്വവും വ്യാപകത്വമൊക്കെ എങ്ങനെ ഗ്രഹിക്കും പക്ഷെ വ്യാപകത്വം ഗ്രഹിക്കണം പറയുന്നു ആകാശം വ്യാപകമാണ് അത് പറയുന്നത് നമുക്ക് മനസ്സിലാകാം എന്തുകൊണ്ട് ആകാശത്തിന്റെ വ്യാപകത്വം നമുക്കറിയാം ഇവിടെ പരിച്ഛിന്നമായിരിക്കുന്ന നാനാ വസ്തുക്കളെ അപേക്ഷിച്ച് ആകാശം വ്യാപകമാണെന്നുള്ള ബോധം നമുക്കുണ്ട് ആനന്ദം വ്യാപകം എന്നുള്ള അർത്ഥം ധരിക്കും എന്നാലേ നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ചുള്ള മനനം തുടങ്ങാൻ കഴിയും ആ അർത്ഥത്തെ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മനനം എന്നു പറയുന്നതിന് യാതൊരു പ്രയോജനമില്ലാതും എന്തിനാശ്രയിച്ച് മനനം ചെയ്യും ും പദാർത്ഥത്തെയും ആശ്രയിച്ചിട്ടാണ് മനൻ അപ്പൊ ആ പദാർത്ഥത്തെ നമ്മൾ കൈവിട്ടുകഴിഞ്ഞാൽ പിന്നെ ശബ്ദത്തിലൂടെ എന്തിനാ ധരിക്കും അതുകൊണ്ട് സ്വാർത്ഥ പരിത്യാഗം സ്വാർത്ഥത്തെ ഉപേക്ഷിക്കാതെ സ്വാർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ മനനം ചെയ്യേണ്ടത് അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ റിയാം സത്ത ആ സത്യ ഉള്ളതല്ല സത്യം പുസ്തകം അതിനെ കുറിച്ച് പറയുന്നത് സത്യമാണ് എന്തുകൊണ്ട് ഇതിൽ സത്യമുണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന സർവ്വ വസ്തുക്കളും സത്യം നോക്കും എന്തുകൊണ്ട് എല്ലാത്തിലും സത്യമുണ്ട് ഇപ്പൊ സത്തയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും ആ സത്തയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അനർഥം അനർത്ഥത്തിൽ നിന്ന് ശതയ്ക്കുള്ള ഭേദം എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് മനനമെന്ന് പറയുന്നത് അത് ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മനനത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ സ്വാർത്ഥത്തെക്കൂടെ ഗ്രഹിച്ചോണം സ്വാർത്ഥത്തെ ഗ്രഹിച്ചിട്ടാണ് മുമ്പോട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ സാധന ജ്യോതിക്കും ബ്രഹ്മസത്യം ജഗന്നിത്യ ഇതാണല്ലോ നിങ്ങൾ പറയുന്നതിന്റെ താല്പര്യം അതിനുവേണ്ടി എന്തിനും ഭാഷ്യം ഇത്രയും വ്യാഖ്യാനങ്ങൾ ഭാഷയത്തിന്റെ ഭാഷ്യം അതിന്റെ ഭാഷ നിങ്ങളുടെ ചർച്ചകൾ ഇതെല്ലാം ഇതിൻ്റെ ആവശ്യമുണ്ടോ അത് മാത്രമേ പറയാനുള്ളൂ എങ്കിൽ ഭാഷകാരൻ എന്തിനേം ഭാഷ്യം എഴുതിയെന്നവരെ ചിന്തിച്ചു അത് കൂടുതലൊന്നും പറയാനില്ല ഇവിടെ കൂടുതലാണ് എഴുതിയിരിക്കുന്നത് ബ്രഹ്മസത്യം ജഗന്ദ് മിഥ്യ ഇത്ര മാത്രമല്ലല്ലോ എഴുതിയത് വളരെയധികം എഴുതി കൂട്ടിയിട്ടുണ്ട് എന്റെയെല്ലാം ആവശ്യം തോന്നുന്നു ഇതിന്റെ എല്ലാം വാക്യത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടി പദാർത്ഥത്തെ വാക്യാർത്ഥത്തെ ഗ്രഹിക്കേണ്ടി എന്തിനാണ് അത് മനനം ചെയ്യുന്നതിനാവശ്യമാണ് ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നതിലൂടെ ഏത് ലക്ഷ്യത്തെയാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് അത് നമുക്ക് ബോധിക്കാൻ കഴിയുന്നത് കഴിയാതെ വരുമ്പോൾ അത് ആവർത്തിച്ച് കേട്ടാലും അതിന്റെ പ്രത്യക്ഷമായ ഫലമൊന്നുമില്ല എന്തുകൊണ്ടതുണ്ടാകുന്നില്ല അന്വേഷിക്കും അപ്പൊ മനനം ആരംഭിക്കുന്നു തത്വമസി എന്ന് കേട്ടിട്ട് എനിക്കെന്താ പ്രത്യേകിച്ച് ഒരു ഫലവും അനുഭവപ്പെടാത്ത എന്ന് ചിന്തിക്കുമ്പോ മനനത്തിലേക്ക് കിടക്കും അപ്പൊ തത്വ മാത്രം പോരാ മറ്റു ഫലതും എന്ന് മനസ്സിലാക്കേണ്ടിയാണ് അതാണ് മനനം ആ മനനത്തിന് പദം പദാർത്ഥം വാക്യം വാക്യാർത്ഥം ഇതെന്ന അറിഞ്ഞാലേ പറ്റും അറിയാത്തവനെങ്ങനെ മനനം ചെയ്യും അതിന്റെ പരിപക്വമായ ഒരവസ്ഥയിൽ എത്തിച്ചേരാത്തുകൊണ്ടാണ് തത്വമസി എന്ന് കേൾക്കുമ്പോൾ ഫലമൊന്നും കാണാത്തത് അതിന്റെ പരിപക്വമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോ അത് വെളിപ്പെടും അത് വെളിപ്പെടുമ്പോൾ അത് വാച്യമായിട്ടല്ല ഇതിന്റെ എല്ലാം ലക്ഷ്യമായിട്ടാണ് അതുകൊണ്ട് സ്വാർത്ഥം അത് മുഖ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതമായാലും ശരി അത് അതിന്റെ മനനത്തിന് ഒരുവൻ പദവാക്യപ്രമാണത്തിനായിരിക്കണം എന്ന് പറയുന്നത് വിൽപ്പന്നനായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പദപദാർത്ഥ സംബന്ധത്തെ അറിയുന്നവനായിരിക്കണം അതാണ് ഭാഷകാരനും കൂടെ പറയുന്നത് അങ്ങനെ ഒരു വിൽപ്പത്തി ഇല്ലാത്തവരണം ആ വിൽപത്തി ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ചർച്ചകളെല്ലാം വിത്പത്തി ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിൽപ്പത്തിൽ കുടിയേ തീരൂ അതെന്തിനു വേണ്ടി പദാർത്ഥ ഞാൻ അതിനു വേണ്ടി ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ ശങ്കരാചാര്യർ അല്ലെങ്കിൽ ശ്രുതി വെളിപ്പെടുത്തുന്ന ആ ബ്രഹ്മതത്വത്തെ വിരഹിക്കുന്നതിന് വേണ്ടി എല്ലാത്തിനും ഇതിന്റെ ആവശ്യമില്ല വിത്പത്തിയുടെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ മൂക്ക് പൊത്തിയിരുന്നു ശ്വാസം പിടിക്കാനാണോ വിൽപ്പത്തിയുടെ ആവശ്യമൊന്നുമില്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതിനൊന്നും വിത്പത്തിയുടെ ആവശ്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന ശ്രുതി പറയുന്ന ഈ തത്വത്തെ ഭക്ഷിക്കാരൻ പറയുന്ന തരത്തിൽ ഗ്രഹിക്കണമെങ്കിൽ അവിടെ വിത്പത്തി ആവശ്യമുണ്ട് വിത്പത്തി ഇല്ലാത്തവൻ അതിനെ സമ്പാദിക്കണം വിത്പത്തി എന്ന് പറയുന്ന ഇതാണ് പദ പദാർത്ഥ ജ്ഞാനം വാക്യ വാക്യാർത്ഥ ജ്ഞാനം അത് പദത്തിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കണം വാക്യത്തിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കണം അത് നമുക്ക് സാധനം കഴിയാറില്ല കാരണം എന്തുകൊണ്ട് സംബന്ധം നമുക്ക് പരിചയമുള്ളതല്ല പദം നമുക്ക് പരിചയമില്ല വാക്യം പരിചയമില്ല അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ഭാഷ നമുക്ക് പരിചയമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു വിൽപ്പത്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു അതെങ്ങനെ ഭാഷയെ പരിചയപ്പെട്ടിട്ടല്ല വ്യാഖ്യാനങ്ങളിലൂടെ ഭാഷാന്തരത്തിലൂടെ എല്ലാം നമ്മൾ അവിടെ എന്താ നമ്മൾ ഗ്രഹിക്കുന്നത് സ്വാർത്ഥത്തെ ഗ്രഹിക്കുന്നത് സ്വാർത്ഥത്തെ ഗ്രഹിക്കുന്നത് ഒരു വലിയ മഹത്വമൊന്നുമല്ല അത് അതിന്റെ ഒരു തുടക്കം മാത്രം പക്ഷെ അത് കൂടിയേ തീരും അത് കൂടാതെ സാധ്യമല്ല അതിന് ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി ഉണ്ടാകുന്നത് അദ്വൈത മതമനുസരിച്ച് അതിന് സഹായിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സാധക സാർഥകമാണ് വിത്പത്തിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നിരർത്ഥകം അതാണ് അദ്വൈതിയുടെ നിലപാട് അപ്പോൾ വിത്പത്തി എന്ന് പറയുന്നത് ഇവിടെ അദ്വൈത സമ്പ്രദായത്തിൽ ഏറ്റവും പ്രാഥമികമായ സാധനയാണ് അത് കുറച്ച് അനായാസമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ സമ്പ്രദായമനുസരിച്ച് ഇതെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ആദ്യം ഭാഷ്യമല്ല പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ചർച്ചയല്ല ചെയ്യുന്നത് ആദ്യം പിടിപ്പിക്കുന്നത് ലഘു സിദ്ധാന്തവും അവിടെ തുടങ്ങും വിത്പത്തിക്ക് വേണ്ടിയിട്ട് ഭാഷാ പരിചയത്തിന് വേണ്ടിയിട്ട് അതിന് സൗകര്യവും സന്മനസ്സും തൻ്റെ ഇടം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മറ്റു വഴികൾ ഇതല്ല ഇതൊരു സമ്പ്രദായം എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു കുറുക്ക് വഴി ഭരിച്ചെന്നും വരാം ഭരിച്ചില്ലെന്നും വരാം തലയിലെഴുത്തുപോലെ ഇരിക്കും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുകൂടെ ഭാഷകാരം പറയും സ്വാർത്ഥത്തെ ഗ്രഹിക്കുക സ്വാർത്ഥത്തെ വിട്ടിട്ടുള്ള ഞാൻ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതാദ്യം സ്വാർത്ഥ അപരിത്യാഗഏവ് അത് ഉറപ്പിച്ചു പലരും ധരിച്ചിരിക്കുന്നത് ഈ വിൽപ്പത്തി എന്ന് പറയുന്നതാണ് ഇതിന് തടസ്സം അങ്ങനെ ധരിക്കുന്നവർ എന്നുവെച്ചാൽ പദപദാർത്ഥ ജ്ഞാനം അതിന്റെ മാർഗത്തിലൂടെ ഗ്രഹിക്കുന്നത് തടസ്സമാണെന്ന് ധരിക്കുന്നു അതല്ല അതതിൻ്റെ ശരിയായ തുടക്കം എന്നാണ് പറയുന്നത് അതിൽ നിന്ന് ശരിയായ പദാർത്ഥബോധമുണ്ടാകും കഴിയാതെ വരുമ്പോൾ നമ്മൾ മറ്റ് മാർഗങ്ങൾ ആശ്രയിക്കും അതിരിക്കുന്നതിന് തടസ്സമല്ല മറിച്ച് അത് ഇതിന് അത്യന്തം പ്രയോജനപ്രദവും സഹായകവുമാണ് മറിച്ച് നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിൽപ്പത്തി സമ്പാദിക്കുന്നവരെല്ലാം ഞാനികളാകുമോ സാധനങ്ങൾ ചോദിക്കുന്നു ചോദിക്കും ഉപനിഷത്ത് വായിച്ചാൽ ഭാഷ്യം പഠിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാകുമോ അത് നേരത്തെ ഞാൻ പറഞ്ഞ സമാധാനത്തിന് ഏതിനും തെളിയിലെഴുത്ത് വേണം അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യം പക്ഷെ അതിൻ്റെ തുടക്കം അങ്ങനെയാണ് എന്നാണ് പറയുന്നത് ആദ്യം പദാർത്ഥം ഞാൻ സ്വാർത്ഥം എന്താണെന്ന് വികരിക്കുക അത് വിശേഷണപരവുമാണ് ലക്ഷണപരവുമാണ് വിശേഷണപരം എന്ന് പറയുമ്പോൾ അവിടെ പദാർത്ഥത്തിന് പ്രാധാന്യം അർത്ഥത്തിന് പ്രാധാന്യം പശ്ചാത്തു ലക്ഷണപരം എന്ന് പറയുമ്പോൾ അത് പദാർത്ഥത്തെ വിട്ടുപോകുന്നു ഈ വ്യത്യാസം ജീവ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ ആദ്യം തന്നെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ശ്രമിക്കും നമുക്ക് വിൽപ്പത്തി ആവശ്യമില്ല വേറൊരു തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ശ്രവണ മനനങ്ങൾ കൂടാതെ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് പറയണം അയാൾ ധ്യാനിക്കുന്നുണ്ട് പക്ഷേ ശ്രവണ മനനങ്ങളില്ല ചെറിയ ചോദിക്കും എന്താ ധ്യാനിക്കുന്നതിന് ശ്രവണവും മനനവും കൂടിയേ കഴിയും ആവശ്യമുണ്ട് നിങ്ങൾ ധ്യാനിക്കുന്ന കൊരങ്ങനെയാണെങ്കിൽ അവിടെ ശ്രവണ മനനങ്ങളുടെ ആവശ്യമില്ല കൊരങ്ങനൊന്നും ധ്യാനിച്ചാൽ മതി ആനയെ കുതിരയൊക്കെ ധ്യാനിക്കുകയാണെങ്കിൽ ശങ്കരാചാര്യർ അല്ലെങ്കിൽ ശ്രുതി പറയുന്ന ഒരു ബ്രഹ്മമുണ്ടല്ലോ അതിനെ ചാടിക്കയറി ധ്യാനിച്ചു കിടക്കുന്നു ശ്രവണമനങ്ങൾ കൂടാതെ നടക്കത്തില്ല അതാണ് ഈ വാച്യമെന്നും ലക്ഷ്യമെന്നും പറയുന്നു അതാണ് വിശേഷണമെന്നും ലക്ഷണമെന്നും പറയുന്നു ശ്രവണമനനങ്ങളിലൂടെ കരുവക്കുമായ ഒരാളിൽ മാത്രമേ ധ്യാനം സാധ്യമാകൂ ബ്രഹ്മധ്യാനം സാധ്യമാകൂ മറ്റേതെങ്കിലും ധ്യാനമാണെങ്കിൽ അതിൽ ഞാൻ ഇടപെടുന്നില്ല ഇവിടെ പറയുന്നത് ബ്രഹ്മധ്യാനത്തെക്കുറിച്ചാണ് എന്തുകൊണ്ട് സ്വാർത്ഥത്തിനോട് പ്രാധാന്യമുണ്ട് സ്വാർത്ഥത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്കും വാച്യത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ് ശ്രവണം മനനം ലിജിത് ശ്രവണ മനനങ്ങളുടെ എല്ലാം പരിപക്തമായൊരവസ്ഥയിൽ അതിലൊന്നും ഭേദമില്ലാതെ വരില്ല അത് മറ്റൊരു കാര്യം പക്ഷെ അതിൻ്റെ മാർഗത്തെ കുറിച്ച് കൂടെ പറയുന്നതാണ് കാരണം ഏത് സാധനമായാലുസരി പ്രധാനമായി അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ജീവന്റെ വിശുദ്ധി അതിലൂടെ സംഭവിക്കുന്നു ജീവന്റെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ് ജീവൻ ആത്മസ്വരൂപമാണ് അത് നിത്യ ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് അതിന്റെ വിശുദ്ധി ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല ആ ജീവന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവന്റെ കരണവിശുദ്ധിയാണ് കരണത്തിന്റെ വിശുദ്ധിയാണ് അതെല്ലാ സാധനങ്ങളിലും എന്തായാലും ഒന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്ന അതുതന്നെയാണ് അത് അദ്വൈതമായാലും ശരി അദ്വൈതമായാലും ശരി ഏതായാലും ശരി ശ്രവണ മനനം ചെയ്താലും ശരി മൂക്കൽ പിടിച്ച് പ്രാണായാമം ചെയ്താലും ശരി അല്ലെങ്കിൽ ജപമോ തപമോ എന്ത് ചെയ്താലും അതാണ് പ്രഥമം അതാണ് പ്രധാനം രണ്ടാമത് വരുന്നത് എന്താണോ ഏതിലായാലും ശരി ആ ജീവന്റെ ഊർത്ത ഗതി ജീവൻ ഏത് നിലയിലാണോ ഇപ്പോ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് മുമ്പോട്ടുള്ള പോകും അതിന് രണ്ടാമത് അതും ഏതിലായാലും അത് സംഭവിക്കണം ഇത് രണ്ടും സംഭവിക്കണം കരണത്തിന്റെ വിശുദ്ധി രണ്ടാമത് ജീവന്റെ ഊർദ്ധഗതി ഭാഷ്യകാരൻ എത്രയോ സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പം ഞാൻ പറയുന്ന ഭാഷയിലല്ല ഭാഷകാരന്റെ ഭാഷയിൽ ആ അതിലാദ്യത്തെ തുടക്കം ആ വിശുദ്ധി എന്ന് പറയുന്നത് അതിന്റെ ആ തലത്തിൽ ശ്രവണ മനനങ്ങളെന്ന് അവിടെ സംഭവിക്കുന്നു ശ്രവണ മനനങ്ങളുണ്ടത് സംഭവിക്കുന്നു അതല്ലെങ്കിൽ ശ്രവണ മനനങ്ങൾ നിരർത്ഥകമായിത്തീരും അതിന് സ്വാർത്ഥം ആവശ്യമാണ് വിൽപ്പത്തി ആവശ്യമാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റ് മറ്റ് എല്ലാ സാധനങ്ങളും അതിനു വേണ്ടി തന്നെയാണ് അതെല്ലാം അധികാരി ഭേദമനുസരിച്ചെല്ലാം തന്നെ അദ്വേദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രവണ മനനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളിന് ആദ്യം കൈവരുന്നത് അവിശുദ്ധിയാണ് അന്ധനവിശുദ്ധി എന്ന് പറയുന്നത് അവിടുത്തെ വിശുദ്ധിയുടെ അടയാളം എന്താണ് ആ ബുദ്ധിയുടെ വ്യക്തത അതാണ് ചിത്തപ്രസാദം എന്ന് പറയുന്നത് തത്വത്തിൽ വരുന്ന തത്വഗ്രഹണത്തിൽ വരുന്ന വ്യക്തത അതാണ് ഇവിടെ മുഖ്യമായി വരുന്നത് കരണശുദ്ധി എന്ന് പറയുന്നതാണ് തത്വ ശ്രവണത്തിന് ശ്രമിക്കുന്നു ബുദ്ധിക്ക് മാന്ദ്യം വരുന്നു ആഗ്രഹിക്കാൻ പറ്റുന്നില്ല പറയുന്നതിന് പിന്തുടരാൻ കഴിയുന്നില്ല അർത്ഥ സുഷുതിയിലിരിക്കുന്നു ഇതെല്ലാം ആ പോരായ്മയാണ് ചിലപ്പോൾ നമ്മൾ ധരിക്കും ഇത് എന്റെ ബുദ്ധിയുടെ പോരായ്മയാണ് ചിലപ്പോൾ അങ്ങനെ തോന്നും പറയുന്നത് ശരിക്കുഗ്രഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് അപൂർവമായി അങ്ങനെ തോന്നാറുണ്ട് സാധാരണ ചിന്തിക്കുന്നത് എന്താണോ പറയുന്നവന് വിവരമില്ല എന്ന ബുദ്ധിയുടെ മാന്ദ്യം തത്വപ്രകാശം സംഭവിക്കുന്നില്ല അതാണ് കരുണസിദ്ധി എന്ന് പറയുന്നത് അത് സംഭവിക്കുന്ന എങ്ങനെ ഈ ശ്രവണ മനനങ്ങളിലൂടെ ആവർത്തി അസുകൾ ഉപദേശാവും നമ്മുടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കും അതുകൊണ്ട് അതുകൊണ്ട് അത് കൂടിയ രീതി അതിനോ വിൽപ്പത്തി വേണം അതുകൊണ്ട് ഇതിനൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്താണോ അദ്വൈതം പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു എല്ലാത്തിനെയും നിഷേധിക്കുക എല്ലാത്തിനെയും നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതില് കാര്യങ്ങളുണ്ട് എന്താണോ നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ ഇത് നിഷേധിക്കത്തില്ല അതല്ലേ എത്രയെല്ലാം പറഞ്ഞിട്ടും കേട്ടിട്ടും സ്വയം നന്നാകാത്ത എന്നുവെച്ചാൽ ബുദ്ധി അതിൽ തത്വം ഇതിന്റെ പ്രകാശം ഉണ്ടാകാത്ത എന്താ അവിടെ വരുന്നത് ആ നിഷേധം സംഭവിക്കുന്നില്ല നിഷേധിക്കുന്നു എന്ന് മനസ്സിലാകുന്നു പക്ഷേ നിഷേധ സംഭവിക്കുന്നു ഏതുപോലെയാണോ ഒരാൾ പറയുന്നു ഭക്ഷണം കഴിക്കുന്നു രുചികരമായി ഭക്ഷണം കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞു വളരെ രുചികരമായി വേണ്ടത്ര കഴിച്ചു പക്ഷെ വിശപ്പ് മാറിയില്ല അതൃപ്തനാണ് തൃപ്തി വന്നില്ല എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം നല്ല രുചികരമായി ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമാണോ കഴിച്ചത് ആവശ്യത്തിലേറെ കഴിച്ചു പക്ഷെ വിശപ്പും മാറിയില്ല തൃപ്തിയും ഇല്ല നിരാശയാണ് ഫലം അങ്ങനെ നമുക്ക് സംഭവിക്കാറില്ലല്ലോ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കും പക്ഷെ വിശപ്പ് മാറത്തത് അതിവിടെ അങ്ങനെ സംഭവിക്കുന്നത് ഭക്ഷണം കഴിച്ചതും രുചി അനുഭവിച്ചതല്ല സ്വപ്നത്തിൽ നിരാശ വന്നതും വിശപ്പ് മാറാത്തതല്ല ഉണർന്നപ്പം ഇത് സംഭവിക്കാറില്ലേ സാധാരണ സംഭവിക്കാറുള്ള കാര്യമാണ് നിങ്ങളെല്ലാം നല്ല സാധകന്മാരായോണ്ട് ചിലപ്പോൾ സംഭവിച്ചല്ലെന്നിരിക്കും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വൃത്തികെട്ട സ്വപ്നങ്ങളൊന്നും നിങ്ങൾ കാണത്തില്ല പക്ഷെ സംഭവിക്കാറില്ല ഇതുപോലെ എന്താണ് ശ്രവണം നടക്കുന്നു മനനം നടക്കുന്നു പക്ഷെ സന്തോഷം അവസാനത്തോന്നെന്താണത് സമയം കളയാനുള്ള ഒരു പരിപാടി ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്കം വരാം ഉറക്കം ഉറക്കം വരാൻ വേണ്ടി കുറച്ച് മാത്രമേ കേൾക്കാം ഉറക്കം വരും അതിനുകൊള്ളാം എന്ന് കരുത് എന്തുകൊണ്ടാണ് വിപത്തി ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് കർണശുദ്ധി അത് സംഭവിക്കുന്നുണ്ട് അപ്പോ വിത്പത്തിയോടുകൂടി ശ്രവണബന്ധങ്ങൾ ചെയ്യുന്നവന് കർണശുദ്ധി സംഭവിക്കത്തുള്ളു അതുകൊണ്ട് അത് പ്രധാനമാണ് അത് ഏതെങ്കിലും തരത്തിലത് ഉണ്ടാവോ വിത്പന്നനാകണം എന്നുവെച്ചാൽ കേൾക്കുന്നതിന്റെ താല്പര്യം ഗ്രഹിക്കണം അത് ഗ്രഹിച്ചാൽ മതി രണ്ടാമതാണ് പിന്നെന്താണ് നിരാശപരാതി തൃപ്തി വരണം സന്തോഷം വരണം ആ ഭക്ഷണം കഴിച്ചു മതിയായി വയറ് നിറഞ്ഞു അത് വരണം അതടുത്ത സ്റ്റെപ്പ് അതാണ് ഊർധ ഗതി എന്ന് പറയുന്നത് മുമ്പോട്ടുള്ള പോകും വിശപ്പിൽ നിന്ന് സ്വതന്ത്രനായി മുന്നോട്ടുള്ള പോകും അത് രണ്ടാമത് സംഭവിക്കേണ്ട കാര്യമാണ് അവിടെയാണ് ശ്രവണ മനോദങ്ങൾക്ക് ശേഷം ധ്യാനമെന്ന് നേരത്തെ പറഞ്ഞു വാക്യത്തിന് ശേഷം ലക്ഷ്യം എന്ന് പറഞ്ഞവിടെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു ജാഗ്രത ഫലമില്ല നമ്മൾ സാറിന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു സുഖം പോലെ തോന്നി അത് കഴിഞ്ഞാലോ ആ കേൾവി തന്നിൽ ഒരു മാറ്റവും വരുത്തിയതായി സ്വയം തോന്നുന്നില്ല കേൾവി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ കേട്ടതിന് ശേഷവും ആ മാറ്റം അവിടെ കണ്ടത് അല്ലേ ആ സ്വപ്നത്തിൽ കഴിച്ച ഭക്ഷണം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ വളർന്നതിന് ശേഷം വയറ് നിറഞ്ഞിരുന്നേ സന്തുഷ്ടനായൻ അത് ഒരു മാറ്റവും വരുത്തുന്നില്ല പക്ഷേ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോഴോ അതൊരുപാട് മാറ്റം വരുത്തി അപ്പോൾ ആനന്ദിച്ചു പയര് നിറഞ്ഞു എല്ലാം അതോടെ സംഭവിച്ചു പക്ഷേ സ്വപ്നം ആ സമയം വരെ മാത്രം ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല എല്ലാം പഴയപ്പെട്ടു ഇതിന്റെ ഉത്പന്നല്ലാത്തവരും തത്വത്തെ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ജ്ഞാനം ആപാദജ്ഞാനം എന്ന് പറയും എന്തോ പോലെയൊക്കെ തോന്നും എന്തിനും അങ്ങേയറ്റം ബ്രഹ്മജ്ഞാനി എന്ന് വരെ തോന്നും പക്ഷേ ഫലമില്ല കുറച്ച് കഴിയുമ്പോൾ പഴയതുപോലെയാവും എന്നുവെച്ചാൽ ജീവൻ ഊർജ്ജഗതി സംഭവിക്കുന്നില്ല ഭ്രാന്തിയിൽ ഭ്രാന്തി സംഭവിക്കുന്നു ഔർദ്ധഗതിയാണ് രണ്ടാമത്തെ ഇത് തത്വശ്രവണത്തിലോ അല്ലെങ്കിൽ അദ്വൈതത്തിലോ മാത്രമല്ല ഏത് സാധന ഇത് സംഭവിക്കണം അപ്പോ കർണശുദ്ധിയെ ഊർജ്വഗതിക്ക് സ്വാഭാവിക്കൂ നമ്മൾ ജപമോ തപമോ എന്ത് ചെയ്താലോ അവിടെ രണ്ട് സംഭവിക്കുന്നു ആ സാധനയുടെ ഫലമെന്തോ അതിലേക്ക് ആ ജീവനെ ഉയർത്തുന്നു ഇവിടെ പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാർ അവിടേക്ക് എത്തിക്കുന്നു അതിന് ശ്രവണ മനനങ്ങൾ കൂടിയേ തീരുന്നു ശ്രവണമനങ്ങളിലൂടെയുള്ള നിധ്യാസനം ആ ശ്രവണ മനങ്ങൾക്ക് വിത്പത്തി കൂടിയേ തീരുന്നു അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നു ഞാനീ പറഞ്ഞതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ നിങ്ങളെന്ത് ചെയ്തു ആക്ഷേപിച്ചു വന്ധ്യാസുഖൻ എന്നെല്ലാം പറഞ്ഞു ആക്ഷേപിച്ചു എന്താണോ നിങ്ങൾ ധരിച്ചത് വെറും ശൂന്യത അതല്ല ആ വാക്യത്തെ തുടക്കം അത് വേണ്ടവണ്ണം ധരിച്ചു പറഞ്ഞു മനസ്സിലാക്കി ആണ് പറഞ്ഞത് രക്ഷണാർത്ഥ പ്രാധാന്യമിത്യ അവാമ ഞാൻ പറഞ്ഞത് ശരിക്കും ധരിച്ചു അത് പറഞ്ഞത് ധരിക്കുന്നതിനുള്ള വിപത്തി നിങ്ങളുടെ കൈവശം ഇല്ലാതെ ആ ധാരണ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആ ധാരണയുടെ പ്രകാശം വന്നിരുന്നു അവിടെ നിന്ന് മുമ്പോട്ട് പോയാൽ ശൂന്യതയ്ക്ക് അപ്പുറം പോകാൻ പറ്റും അല്ലെങ്കിൽ എന്തു പറയും എല്ലാം നിഷേധിച്ചു നേരി നേരി എന്നിട്ട് ഞങ്ങളെ അന്ധകാരത്തിൽ കൊണ്ടു തള്ളി ശൂന്യതയിൽ കൊണ്ടു തള്ളി ഇതുകൊണ്ടെന്താ പ്രയോജനം രണ്ടാക്ഷേപങ്ങൾ നേരത്തെ പറഞ്ഞു ഒന്ന് ഒരു പറയുന്നു ഉപനിഷത്ത് പഠിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഭാഷ്യം ശ്രവിക്കുന്നതുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല മോക്ഷത്തിന് ഇതൊന്നും ഉപകരിക്കത്തില്ല രണ്ടാമത് കൂട്ടർ പറയുന്നു ഇതെല്ലാം ഇനി പഠിച്ചു കഴിഞ്ഞാലും അവസാനം ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലെത്തിച്ചേരും കാരണം അവിടെ പറയുന്നത് എന്താണോ ഇത് മനസ്സുകൊണ്ടും ഒന്നും ഗ്രഹിക്കാവുന്ന ഒരു സംഗതിയല്ല അങ്ങനെ അല്ലാത്തൊരു സംഗതിയിലേക്ക് എവിടെങ്ങനെ എപ്പോ എന്ന് ചെന്നെത്തും അതുകൊണ്ട് പ്രയാസപ്പെട്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം ശൂന്യലാണ് ചെന്ന് ചേരുന്നത് രണ്ടാക്ഷേപങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അതിനുള്ള സമാധാനമാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് പറയുന്നു ഈ രണ്ട് ഭാവത്തെയും ഗ്രഹിക്കണം പദങ്ങൾ വിശേഷണങ്ങളുമാണ് ലക്ഷ്യവുമാണ് ലക്ഷണങ്ങളുമാണ് വിശേഷണാർത്ഥത്വ അഭിച സത്യാധീനം ചെയ്യുക സ്വാർത്ഥത്തെ പരിത്യയ്ക്കുക ആ സ്വാർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നു ശൂന്യാർത്ഥത്വി സത്യാദി ശബ്ദാന വിശേഷ്യ നിയന്ത്രി ഇതിന്റെ എല്ലാ താല്പര്യം കേവല ശൂന്യതയാണെങ്കിൽ ഈ സത്യാദി ശബ്ദങ്ങൾക്ക് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ കഴിയാതെ വരും അതാണ് വിശേഷനിയന്തൃത്വം എന്ന് പറയുന്നത് വിശേഷണങ്ങൾ വിശേഷനിയന്താക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു നീലം മഹത് സുഗന്ധി ഉത്പലം എന്ന് പറയുന്നു ഉത്പലമാണ് വിശേഷം വിശേഷം ആയിരിക്കുന്ന ഉത്പന്നത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ച പദങ്ങളാണ് വിശേഷം എന്താണ് നീലം മഹത് സുഗന്ധി സുന്ദരം ഇതെല്ലാം ഈ പദങ്ങളെന്തു പറയും ഇത് വിശേഷ്യ നിയന്താക്കളാണ് എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ താല്പര്യം ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും മഹത് ഉത്പന്ന വലിയ ഉത്പന്നം പക്ഷെ വലിയ ഉത്പലമെന്നീ ഉത്ഫലത്ത് ധരിച്ചപ്പോലെ പിന്നെയോ നീലമെന്നൂടെ ധരിക്കുന്നു അപ്പോ വലിയ ഉത്ഫലങ്ങളിൽ രക്ത ഉത്പലവും ഉണ്ട് അപ്പൊ നീലമെന്ന് പറഞ്ഞതുകൊണ്ട് എന്തായി ആ വലിയ ഒരു ഉത്ഫലത്തെ രക്ത ഉത്പലത്തിൽ നിന്നും അങ്ങനെ അത് നീലമെന്ന് പറഞ്ഞാലേ കഴിയും മനസ്സിലാക്കുന്നു ഈ ഉത്പലം അത് മഹത്താണ് അതേസമയം നീലവുമാണ് രക്തമല്ല അങ്ങനെ ഒരു പദം മറ്റൊരു പദത്തിന്റെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നു രണ്ടും കൂടി ചേർന്നിട്ട് ഒരു പുതുമയുള്ള അർത്ഥത്തെ കൊടുക്കുന്നു അതാണ് വിശേഷണങ്ങൾ വിശേഷ്യത്തെ നിയന്ത് നിയന്താക്കളാണെന്ന് പറയുന്നത് അതുപോലെ മഹത്പദം ഉത്പലം നീലം ഉത്പലമെന്ന് മാത്രം പറയുകയാണ് ആ ഉത്പലത്തെക്കുറിച്ചുള്ള ധാരണ പൂർണ്ണമാകുന്നില്ല നീലം ഉത്പലം നീലനിറമുള്ള ഉത്പലം നമ്മൾ എന്താ ധരിച്ചത് നീലനിറമുള്ള ഒരു ചെറിയ ഉത്പലം എന്തോ ചെറുതുമാകാമല്ലോ പക്ഷെ അവിടെ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീലനിറമുള്ള മഹത് അപ്പം മഹശബ്ദം പ്രയോഗിച്ചപ്പോൾ എന്തായി ആ ചെറിയ ഉത്പലത്തെ അങ്ങ് മാറ്റി എന്നിട്ട് മഹത്തായ ഉത്പലത്തെ തന്നെ ഗ്രഹിച്ചു അപ്പം മഹത്വം എന്നുള്ള പദത്തിന് പ്രയോജനമൊന്നും ഇവിടെ അത് സാർത്ഥകമായി എന്ത് ചെയ്തു അത് കേവലം നീലം മാത്രമല്ല അത് മഹത്വമാണോ എന്നുള്ള നിലയ്ക്ക് ആ ചെറിയ ഉത്പലത്തിലുണ്ട് വേർതിരിച്ച് കാണിക്കും ഇങ്ങനെ ഇവിടെ വേർതിരിക്കുന്നു എങ്ങനെ പറയുന്നു പറയുന്നത് ജ്ഞാനം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്യം ബ്രഹ്മ എന്ന് പറയുന്നു സത്യം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മ സംഭവിക്കണം കാരണം എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇതും സത്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാണുന്ന ഓരോ വസ്തു എനിക്ക് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് പുസ്തകം സത്യമായിട്ടാണ് പുസ്തകത്തെ അസത്യം എന്നല്ല ഞാൻ അറിയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ സത് ഉള്ളത് അതാണ് സത്യം സത്ത് ഏതിനാണോ ഉള്ളത് അത് സത്യം അവരുടെ ഞാൻ പറയുന്നു പുസ്തകം സത്യം കാരണം സത്ത ഉണ്മ അതുകൊണ്ട് സത്ത ഉള്ളത് സത്യം അങ്ങനെയും പറയാം അത് എൻ്റെ ഒരു വ്യാഖ്യാനമാണ് പുസ്തകം എനിക്ക് സത്യമാണ് സത്യം ബ്രഹ്മ എനിക്ക് ധൈര്യമായി പറയാനുള്ള പുസ്തകം ബ്രഹ്മ കാരണം അത് സത്യമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല തെറ്റിദ്ധാരണ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞു ജ്ഞാനം പെട്ടെന്ന് മനസ്സിലാക്കുന്നു പുസ്തക സത്യമാണ് പക്ഷെ അത് ജ്ഞാനമല്ല അതാണ് വിശേഷ്യ നിയന്ത്രിത്വം ആ വിശേഷ്യമായിരിക്കുന്ന ബ്രഹ്മത്തെ പുസ്തകത്തിൽ നിന്നിപ്പോൾ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ആ ജ്ഞാനശബ്ദത്തിന്റെ ആവശ്യമാണ് പക്ഷെ ഇതിനുള്ള ശൂന്യ അർത്ഥമാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും സത്യം എന്ന് പറഞ്ഞാൽ അസത്യം അല്ലാത്തതെന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് കിട്ടത്തില്ല ജ്ഞാനമെന്ന് പറഞ്ഞാൽ ജഡമല്ലാത്തതെന്ന് മാത്രം എടുക്കാം അത് കിട്ടത്തില്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നുള്ള വാക്യാർത്ഥത്തെ തന്നെ എടുക്കണം കാരണം എന്തുകൊണ്ട് ജ്ഞാനം അത് നമുക്കറിയാം പരിചയമുള്ളതാണ് തൻ്റെ ഉള്ളിൽ ഉണ്ട് ജ്ഞാനം അപ്പം ജ്ഞാനത്തിന്റെ വാച്യാർത്ഥത്തെടുത്താലേ പറ്റും നിഷേധാർത്ഥത്തെ എടുത്താൽ പോരാ അതുകൊണ്ടാണ് വാച്യാർത്ഥം ആവശ്യമൊന്നും ഇപ്പൊ സത്യം എന്ന് പറയുമ്പോഴും അതിന്റെ വാശ്യാർത്ഥത്തെ ജഡമല്ലാത്തതെന്നെടുത്താൽ ബ്രഹ്മ എന്തായിരിക്കണം ഈ പുസ്തകത്തിലും മേശയിലും സർവത്ര അനുസ്യൂതമായി അനുഭവപ്പെടുന്ന ആ സത്ത ആ സത്തയുള്ളത് ഉണ്ടാകുന്നതിന് സ്ഥിതി ചെയ്യുന്നതിനും നശിക്കുന്നതിനുമെല്ലാം അനുസ്യൂതമായിരിക്കുന്ന ആ സത്ത ഉള്ളത് എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറി അത് പുസ്തകം പോലെയോ പേന പോലെയോ അല്ല അത് അനുസ്യൂതമായ സത്ത അതിനാധാരമായിരിക്കുന്നതാണോ എന്നതിനെക്കുറിച്ച് ബോധം വരും അതേസമയം അത് ജ്ഞാനവുമാണ് അതുകൊണ്ട് തന്നെ അത് പുസ്തകമോ പേനയോ അല്ല അപ്പോൾ അത് വിശേഷി നിയന്ത്രായി ഓരോ പദവും മറിച്ച് പറയാണ് ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ ദോഷം വരും ജ്ഞാനം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത് ധരിക്കും നമ്മൾ സാധാരണ ധരിക്കുന്നത് ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം അപ്പോൾ ഉള്ളൂ ഇനി ഇതിനൊന്നും മനസ്സിലാക്കാനില്ല ഇതാണ് ബ്രഹ്മമെങ്കിൽ കാര്യം വളരെ എളുപ്പമാണല്ലോ പക്ഷെ അങ്ങനെയല്ല എന്തുകൊണ്ട് ഈ ജ്ഞാനം നശിച്ചു പോകുന്നു ഒരുപാട് ജ്ഞാനം ഉണ്ടായി കൊണ്ടായ ജ്ഞാനമെല്ലാം നശിച്ചു ജനനം മുതലും മരണം വരെ ജ്ഞാനം ഇങ്ങനെ മാറിക്കൊണ്ടേ എന്തെല്ലാം അറിഞ്ഞു എന്തെല്ലാം അറിവ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തി ഇനി എന്തെല്ലാം അറിയാനിരിക്കുന്നു അങ്ങനെ ഈ അറിഞ്ഞും കൈവന്നും നഷ്ടപ്പെട്ടും അറിയാതെയും ഇരിക്കുന്ന ഈ ജ്ഞാനമാണോ ്രഹ്മെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിപ്പോ നമ്മുടെ കൈവശം ഉണ്ട് പിന്നെ അതിനു വേണ്ടിയിട്ട് ശരോണ മനണങ്ങണ്ടെന്നും ആവശ്യമില്ല പിന്നെ അതിനുവേണ്ടി ചിലവണ മനണങ്ങൾ നടത്തിയിട്ടും പ്രയോജനമില്ല എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി നശിച്ചു മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് കാര്യം നടക്കത്തില്ല ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല അതോട് പറഞ്ഞ് സത്യം പറഞ്ഞു അപ്പൊ ആ ജ്ഞാനമല്ല ഇപ്പൊ ഉണ്ടായി അടുത്ത നിമിഷം ഇല്ലാതെ പോകുന്ന ജ്ഞാനമല്ല നമ്മുടെ ബ്രഹ്മജ്ഞാനമല്ല ഈ പറയുന്നു നമ്മുടെ ബ്രഹ്മജ്ഞാനം നിലനിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തുവെക്കേണ്ടി വരും കണ്ണ് ഇമപെട്ടാതെ ഉറങ്ങാതെ ഇരുന്ന് ഉറക്കേണ്ടി വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മറന്നു ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് കഴിക്കുന്നത് നടക്കുന്ന കാര്യമാണ് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ അനുഭവപ്പെടുന്നു മറഞ്ു പോകുന്നു വീണ്ടും ഓർമ്മ അങ്ങനെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ വീടും കടന്നു വരുന്നു ഇങ്ങനെ എപ്പോഴും തിരിഞ്ഞ് മറിഞ്ഞ് നമ്മളെ കവളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ജ്ഞാനം അതുകൊണ്ട് തന്നെ സത്യം എന്ന് പറയാൻ പറ്റത്തില്ല സത്യം എന്നുള്ള പദമെന്തായി വിശേഷി നിയന്താവായി അപ്പൊ ഇവിടുത്തെ ബ്രഹ്മം അത് ജ്ഞാനവുമാണ് അതിലേറെ സത്യവുമാണ് അത് നമ്മുടെ ഈ മാറുന്ന ജ്ഞാനവുമല്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകവുമല്ല രണ്ടു തന്നെ അതുപോലെ ഓരോ പദത്തിനും കൊണ്ട് വ്യാപകം എന്ന് പറഞ്ഞാൽ എന്തം വ്യാപകം എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് വ്യാപകം എന്താണെന്നറിയാം കാശം വ്യാപകമാണോ അതുപോലെ വ്യാപകമാണോ എന്ന് ധരിക്കും വ്യാപകമെന്ന് മാത്രം പറഞ്ഞു ആകാശം വ്യാപകമാണെന്ന് നമുക്കറിയാം അത് സർവത്ര ഉണ്ട് സർവ്വത്ര ഉള്ളതിനാണ് വ്യാപകം എന്ന് പറയുന്നത് എല്ലായിടത്തും നമ്മൾ വായുവിനെയും പറയും വ്യാപകമാണ് കാരണം നമ്മൾ ജലനിരതല്ലാതെ ഉണ്ട് അതില്ലാത്തരത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് വായുവിനെ നമുക്ക് പറയാം അത് വ്യാപകമാണ് ആകാശം വ്യാപകമാണ് മനസ്സിനെ കുറിച്ച് പറയാം അത് വ്യാപകമാണ് രൂപം വിരസം ഗന്ധം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വ്യാപകമെന്ന് പറയും കാരണം അത് ഓരോന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്നു ഇപ്പം വ്യാപകം എന്താണെന്ന് നമുക്കറിയാം ആപേക്ഷികമായിട്ടാണെങ്കിലും വ്യാപകമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെയാണെന്ന് ധരിച്ചു വ്യാപകം ഒരു പദം മാത്രം പോരാ ധരിക്കാതിരിക്കാൻ അവിടെ പറഞ്ഞു അത് വ്യാപകമായിരിക്കണം ആ സമയം സത്യവുമായിരിക്കണം അത് ജ്ഞാനവുമായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ വ്യാപകങ്ങളെല്ലാം പോയി ആകാശം പോയി അത് ജ്ഞാനമല്ല അത് സത്യമല്ല അത് വ്യാപകമാണ് ശരി പക്ഷേ സത്യവും ജ്ഞാനവും കൂടിച്ചേരുന്നവർ വ്യാപകത്വം ജ്ഞാനവും വ്യാപകത്വവും കൂടിച്ചേരുന്നവർ സത്വം സത്യം സത്യവും വ്യാപകത്വവും കൂടി ചേർന്ന ഒരു ജ്ഞാനം അങ്ങനെ ഒന്നാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ വാച്യാർത്ഥത്തെ ബോധിച്ചിട്ട് വാച്യാർത്ഥത്തിനപ്പുറം പോകും അതിന് വാശ്യാർത്ഥത്തെ സ്വീകരിച്ചല്ലേ മറിച്ച് ശൂന്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലോ സാധ്യമല്ല അതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഞാൻ ശൂന്യാർത്ഥത്തെ അല്ല ബോധിപ്പിച്ചത് നിങ്ങളങ്ങനെ ധരിക്കരുത് ഇതൊന്നുമല്ല മറ്റെന്തോ അങ്ങനെ ധരിക്കാനല്ല പറയുന്നത് സർവീ നിഷേധിച്ച് ശൂന്യതയിലെത്തിച്ചേരാൻ ശൂന്യബോധമല്ല ഇവിടെ ബ്രഹ്മബോധം ബ്രഹ്മത്തിന് ശൂന്യം എന്നുള്ള പേര് വേണമെന്ന് വിളിക്കാം ആ ഒരു ദോഷമൊന്നും കുടുംബത്തിനേത് പേരും ചേരും കുടുംബസഹസ്രനാമാവാണ് അതുകൊണ്ട് ഏത് പേരും ചേരും അതിന് പുരുഷവാചകമോ സ്ത്രീവാചകമോ എന്തുവേണം ഉപയോഗിക്കുക തത്വത്തിൽ മാറ്റമുണ്ട് ശബ്ദത്തിന് മാറ്റമുണ്ടാകും ആ തത്വം നമ്മൾ കരുതുന്നത് ഭാവമോ അഭാവമോ അല്ല ഭാവമോ ശൂന്യമോ അല്ല അതിനപ്പുറമാണ് പണ്ട് ശൂന്യാർത്ഥത്വ സത്യാദി ശബ്ദാനാ ശൂന്യർത്ഥത്തെ എടുത്താൽ ഇവിടെ ശരിയാകത്തില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ സത്യാദി ശബ്ദങ്ങൾക്ക് വിശേഷ്യ നിയന്ത്രിവാനുഭവത്തി വിശേഷങ്ങൾക്കുള്ള ആ ജോലി വിശേഷത്തിന്റെ നിയന്താവാകുക എന്നുള്ള ആ ജോലി ചെയ്യാൻ അവയ്ക്ക് കഴിയാതെ എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ഈ ശ്രവണമനനങ്ങൾ അതിലൂടെ ആ തത്വത്തിന്റെ പ്രകാശം ആ പ്രകാശത്തിനപ്പുറം ജീവന്റെ ഊർജ്ജഗതി അത് സംഭവിക്കത്തുള്ളു അതായത് അതിനെയാണ് തത്വസാക്ഷാത്കാരമെന്ന് അത് സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം സത്യാദി അർത്ഥൈഹി അർത്ഥവത്തേതു തദ്വിപരീതധർമ്മദ്ഭ്യോ വിശേഷം ഉപദേ ക്ലാസ്സിൽ തന്നെ തുടങ്ങുക സത്യം എന്താണ് ജ്ഞാനം എന്താണ് അനന്തം എന്താണ് എന്നുള്ള അതിന്റെ വാക്യാർത്ഥത്തെ തന്നെ തിരിച്ചു സത്യാദേഹി അർത്ഥേ ഹി അർത്ഥപത്തിയെത്തും സത്യാദി ശബ്ദങ്ങളുടെ അർത്ഥത്തെ ഗ്രഹിക്കണം ആ അർത്ഥത്തിലൂടെ ബ്രഹ്മം സ്വയം അർത്ഥവത്താകണം ശൂന്യല്ലാകരുണ്ട് ആദ്യം അർത്ഥമുള്ളവർ ബ്രഹ്മത്തെ ഗ്രഹിക്കണം അങ്ങനെ പലതരത്തിൽ പറയും പരോക്ഷമായ ജ്ഞാനം പിന്നെ അപരോക്ഷമായ ജ്ഞാനം വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം ഇങ്ങനെ പല തരത്തിൽ പറയുന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ താല്പര്യം ഇത് തന്നെ ശ്രവണ മനനം നെയധ്യാസനം എന്നെല്ലാം പറയുന്നത് തന്നെയാണ് ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് ഒന്നിനെ വിട്ടിട്ട് നമുക്ക് വേറെന്തരയ്ക്ക് ചാടി കിടക്കാൻ ഒക്കത്തില്ല വിട്ടിട്ട് നെയ്യഹാസനം സാധ്യമുണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് അത് എപ്പോഴും ഓർക്കണം ഈ പറയുന്നതെല്ലാം ശങ്കരാചാര്യർ വെളിപ്പെടുത്തുന്ന അദ്വൈതത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്ന ബ്രഹ്മ സാക്ഷാത്കാരത്തെ സംബന്ധിച്ചാണ് നമ്മളെന്തെങ്കിലും സാധനങ്ങളോ നമ്മൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അതിനൊന്നും ഇത് ബാധകമുണ്ട് ഇവിടെ പറയുന്നത് ഇതിനു വേണ്ടി ഈശ്വര സാക്ഷാത്കാരമെന്ന് ശങ്കരാചാര്യൻ എന്താണോ പറയുന്നത് അതിനുവേണ്ടി ഇത് പറയുകയാണ് ആദ്യം അർത്ഥവത്തായ ഒരു ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു എന്നിട്ട് വേണം അവിടെ വാഗതീതം മനനാതീതം ബുദ്ധി അതീതം ആയിട്ടുള്ള ബ്രഹ്മം അവിടെ എത്താൻ അവിടെ എത്തുകയെന്നോ അത് പ്രകാശിക്കുകയെന്നോ അതിനെ വെളിപ്പെടുത്തുകയെന്നോ അല്ലെങ്കിൽ അത് സ്വയം വെളിപ്പെടുകയെന്നോ എന്ത് വീണോ പറയം ഇതർത്ഥവത്താവണം സത്യദേഹി അർഥേഹി അർത്ഥവത്തേതു അങ്ങനെ വന്നു ഞാൻ തദ്വിപരീതർമ്മ്യോ വിശേഷ്യഭ്യോ ബ്രഹ്മണോ വിശേഷ്യസും തദ്വിപരീതർമ്മവധ്യോ വിശേഷിഭ്യോ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമൊന്നു ഗ്രഹിക്കാൻ പാടില്ല തന്റെ ബുദ്ധിയാണെന്ന് ഗ്രഹിക്കാൻ പാടില്ല ഏറ്റവും വലുതായ ആകാശമാണെന്ന് ഗ്രഹിക്കാൻ പാടില്ല ഇതാണ് വിപരീതധർമ്മപദ്ധ്യം എന്ന് പറഞ്ഞത് ഇതെല്ലാം വിപരീതധർമ്മങ്ങളുള്ളതാണ് എന്ത് പുസ്തകം അത് ജഡമാണ് അതെന്റെ ജ്ഞാനം ബുദ്ധി അത് അനിത്യമാണ് അതല്ല സത്യം ആകാശം അത് വ്യാപകമാണ് പക്ഷേ അത് ജ്ഞാനമല്ല ഇതൊക്കെ എന്താണ് വിപരീതധർമ്മത്തോടുകൂടിയതാണ് ഏതൊരു ധർമ്മത്തെയാണോ ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ധർമ്മത്തിൽ വിപരീതധർമ്മത്തോടുകൂടിയതാണ് അതായത് നമ്മുടെ ബുദ്ധിയുടെ ജ്ഞാനം അതിനെയല്ല ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുസ്തകമാകുന്ന സത്യത്തെ അല്ല ബോധിപ്പിക്കുന്നത് ആകാശമാകുന്ന വ്യാപകത്തെ അല്ല ബോധിപ്പിക്കുന്നത് അതെല്ലാം ഇവിടെ പറയുന്ന ബ്രഹ്മത്തിന്റെ ധർമ്മത്തിൽ നിന്നും വിപരീതമായതാണ് ബ്രഹ്മത്തെ ഏത് തരത്തിലാണോ ഗ്രഹിക്കേണ്ടത് അതിൽ നിന്നും വിപരീതമായി ഗ്രഹിക്കപ്പെടുന്നവയാണ് അതാണ് സത്യാദി അർത്ഥി അർത്ഥവത്യേത് തദ്വിപരീത ധർമ്മവഭ്യു വിശേഷിക്കു അങ്ങനെ നമുക്ക് ധരിക്കാനായിട്ട് അനേക വിശേഷങ്ങളുണ്ട് അതിൽ നിന്നുമെല്ലാം വേർതിരിച്ച് ബ്രഹ്മണോ വിശേഷിസിയ ബ്രഹ്മ എന്ന് പറയുന്ന ആ വിശേഷത്തെ ഗ്രഹിക്കുന്നു സത്യജ്ഞാന അനന്തങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിശേഷി അതിന്റെ നിയന്ത്രിവം അതിനെ നിയമനം ചെയ്യുക മറ്റ് എല്ലാ പ്രപഞ്ചഘടകങ്ങളിൽ നിന്നും അതിനെ വേർതിരിക്കുക അതിനെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കുക അതിന് അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് സത്യജ്ഞാനം അനന്തം അതിന്റെ വാശ്യാർത്ഥത്തെ സ്വീകരിച്ച് അതിലൂടെ കടന്നു പോകണം പിന്നീട് ലക്ഷ്യത്തിലെത്തിച്ചേരണം അതാണ് താല്പര്യം അപ്പോ സത്യജ്ഞാനം അനന്തം എന്ന് പറയുന്ന ഈ മൂന്ന് പദങ്ങൾ എന്തിനുപയോഗിച്ചു അതിന്റെ ആവശ്യം അതാണ് ഇവിടെ പറഞ്ഞത് ചുരുക്കം സത്യം എന്ന് മാത്രം പറഞ്ഞാൽ സത്യവുമായി അനുഭവപ്പെടുന്ന ഏതിനെയും ഗ്രഹിക്കാം അത് പാടില്ല അതുകൊണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞു ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ അത് പാടില്ല അതുകൊണ്ട് അനന്ത പറഞ്ഞു അനന്താ വ്യാപകമായിരിക്കുന്ന പലതിനേയും ഗ്രഹിക്കും അത് പാടില്ല എന്ന് പറഞ്ഞ സത്യം ജ്ഞാനം എന്ന് പറഞ്ഞു ഇത് ചില പ്രകടന ഗ്രന്ഥങ്ങളിൽ ്രഹ്മത്തെ ഇങ്ങനെ വിശേഷിയമാക്കി ഈ പദങ്ങളെ വിശേഷണമാക്കി എന്നിട്ട് ഓരോ പദത്തിൻ്റെയും പ്രയോജനം എന്താണ് എന്തിനു പറഞ്ഞു സത്യം എന്ത് പറഞ്ഞു ജ്ഞാനം എന്തിനു പറഞ്ഞു ആനന്ദം എന്തിനു പറഞ്ഞു ഇങ്ങനെ വിശദീകരിക്കുന്നു വിചാരസാഗരം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അത് വിശദീകരിക്കുന്നുണ്ട് ദളപ്രയോജനം എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ബ്രഹ്മത്തെ എങ്ങനെ ഗ്രഹിക്കാം ഈ അതിനുള്ള ആധാരമായിരിക്കുന്ന ഇതാണ് ഇവിടെ ഭാഷകാരുടെ ഈ ചർച്ചയിൽ അതുകൊണ്ട് സത്യം ജ്ഞാനം അനന്തം മൂന്നും അതുപോലെ തന്നെ അവസാനം പറയുന്ന ബ്രഹ്മശബ്ദം വിശേഷിച്ചു നേരത്തെ പറഞ്ഞുള്ള ഉത്പന്നു പറഞ്ഞാൽ അറിയാം കാരണം പലതരത്തിലുള്ള ഉത്പന്നങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അർത്ഥശൂന്യമായ ബ്രഹ്മെന്ന് പറയുന്ന ഒരു ശബ്ദത്തെ വിശേഷമാക്കിയിട്ട് സത്യജ്ഞാനം അനന്തം ഏകദേശം നമുക്കർത്ഥം ധരിക്കാമെന്നുള്ള കുറെ പദങ്ങൾ ഉപയോഗിച്ചു ഇത് അസംബന്ധമാണെന്നാണ് ശ്രുതിയാണ് പറഞ്ഞെങ്കിലും അത് അസംബന്ധമാണെന്നാണ് ശ്രുതി സത്യമാണെന്നല്ല ആസ്തികനെ വിശ്വസിക്കാൻ കഴിയും നാസ്തികനെ അത് സ്വീകരിക്കത്തില്ല സ്യം പറയുന്നു ശരി സത്യം ജ്ഞാനം ആനന്ദം ഇതിനർത്ഥമുണ്ടെന്ന് പറയാം സമ്മതിച്ചല്ലേ പറ്റൂ നമ്മളങ്ങനെ പ്രയോഗിക്കാറുണ്ടല്ലോ പക്ഷേ ബ്രഹ്മം അതിനെന്താ അർത്ഥം എന്താ അത് അർത്ഥമില്ലാത്ത ഒന്നല്ല അർത്ഥമില്ലാത്ത ഒന്നിനെന്തിനാ ഈ വിശേഷങ്ങൾ യോജിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് അതിന് സമാനം ഇപ്പം പറയുന്നു ബ്രഹ്മശബ്ദോ വി സ്വാർത്ഥേന അർത്ഥവാൻ ബ്രഹ്മശബ്ദത്തിനും അർത്ഥമുണ്ട് അതിനാണ് ആദ്യം പറഞ്ഞത് വിത്പത്തി വേണം ഒരു പദം കണ്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ള ബോധം ഉണ്ടാവണം അങ്ങനെ ഒരർത്ഥം തലയിൽ എന്താണ് അതിന്റെ അർത്ഥം ബ്രഹൃത്വാ ബ്രഹ്മ അവിടെ സ്പഷ്ടമാണ് ബ്രഹ് ബ്രഹി വൃദ്ധവലത് വളരെ വ്യാപകമായത് ഏറ്റവും മഹത്തായത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ബൃഹധാതുവിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായത് അങ്ങനെയുണ്ടായ ഒരു ശബ്ദത്തിന് സ്വാർത്ഥമില്ല അർത്ഥമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഷയെക്കുറിച്ചൊരു ധാരണയില്ല അപ്പം ബ്രഹ്മ എന്ന് പറയുന്നതിൽ നിന്ന് ഏറ്റവും വലുതായത് അങ്ങനെ പറയാൻ ഇവിടെ വലുത് വലുത് കൊണ്ടാകുന്നും പോലെ മഹത്തിനേക്കാളും മഹത്തായിരിക്കുന്നത് മഹത്തായ ആകാശത്തിനെക്കാളും മനസ്സായി മഹത്തായിരിക്കുന്നു മഹത്തായിരിക്കുന്ന മനസ്സിനെക്കാളും മഹത്തായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മശബ്ദത്തിന് വാവർത്ഥത്തെ സ്വീകരിക്കാമെന്ന് അപ്പൊ ഇവിടുത്തെ വിശേഷിയമായിരിക്കുന്ന ബ്രഹ്മശബ്ദം അർത്ഥശൂന്യമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് വിശേഷണങ്ങൾ എങ്ങനെയാണോ അർത്ഥവത്തായിരിക്കുന്നത് അതുപോലെ വിശേഷ്യവും അർത്ഥവത്താണോ ഈ അർത്ഥത്തെ ആണ് ശ്രവണത്തിലൂടെ ധരിക്കുന്നത് അതിനെയാണ് മനനത്തിലൂടെ ധരിക്കുന്നത് അതിനെയാണ് നിധ്യാസനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മശബ്ദവും വി ബ്രഹ്മശബ്ദവും സ്വാർത്ഥേന അർത്ഥവാനിപ്പോ സ്വാർത്ഥത്തിലൂടെ അതും അർത്ഥവാനാണ് അർത്ഥവത്താണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്നതിൽ ബ്രഹ്മശബ്ദം വിശേഷ്യമാണ് സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്നത് വിശേഷങ്ങളാണ് അതേസമയം അത് ബ്രഹ്മത്തിന്റെ ലക്ഷണവുമാണ് ബ്രഹ്മ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നുണ്ട് അതിന് സ്വരൂപലക്ഷണം എന്നും പറയുന്നുണ്ട് നേരിട്ട് ആ സ്വരൂപത്തെ തന്നെ ബോധിപ്പിക്കുന്നു അതേസമയം ഇതേ ശബ്ദങ്ങൾ തന്നെ ഇതിന് വിപരീതമായ ധർമ്മങ്ങളെ ബ്രഹ്മത്തെ നിഷേധിക്കുകയും ചെയ്യും അനദത്ത് ജഡത്ത് പരിഛിന്നത്തെ എല്ലാം നിഷേധിക്കും ഇതേ ശബ്ദങ്ങൾ തന്നെ വാച്യാർത്ഥത്തിനപ്പുറമുള്ള ലക്ഷ്യത്തെ ബോധിപ്പിക്കുകയും ചെയ്യും എല്ലാ രീതിയിലും ഈ സത്യജ്ഞാന അനന്തം ബ്രഹ്മ എന്നുള്ള ഈ വാക്യം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ആത്യന്തികമായിട്ട് അന്യമായ ബ്രഹ്മത്തെയല്ല അടുത്ത് പറയും അസ്വരൂപത്തെ എന്തുകൊണ്ട് ബോധിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത് വിശദീകരിക്കുന്നത് പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന അന്യമായ ഒന്നും രണ്ടാത് ബോധിപ്പിക്കുന്നു സ്വസ്വരൂപത്തിനെ അത് ബോധിപ്പിക്കുന്നു അതുകൊണ്ട് അതിലെന്തെങ്കിലും സംശയങ്ങളോ ഭ്രമങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുവന്റെ വിത്പത്തിയുടെ ദോഷമാണ് ശബ്ദാർത്ഥ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന ദോഷമാണ് അത് ശരിയായ രീതിയിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തിച്ചേരും അതാണ് അദ്വൈതത്തിലെ സാധനാരീതി എന്നാണ് ഭാഷകാരനൂടെ പറയുന്നത് えーてしてですえーせしおいさんいさんいさんえー